വലിയ കൊട്ടാരങ്ങളും പ്രതിമകളും വലിയ പാത്രങ്ങളും ഉറച്ചു നിൽക്കുന്ന വലിയ ചെമ്പുകുളങ്ങളും തുടങ്ങി അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്തും അവർ നിർമ്മിച്ചു കൊടുക്കുമായിരുന്നു ദാവൂദിന്റെ കുടുംബാംഗങ്ങളെ നിങ്ങൾ നന്ദിയോടെ പ്രവർത്തിക്കുക എന്റെ ദാസന്മാരിൽ ചുരുക്കം ചിലർ മാത്രമാണ് നന്ദിയുള്ളവർ